അവരിലെ മരിച്ച ഒരാൾക്കു വേണ്ടിയും നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് അവൻറെ കബറിനു മീതെ നിങ്ങൾ നിൽക്കുകയും ചെയ്യരുത് തീർച്ചയായും അവർ അള്ളാഹുസുബഹാനഹുവറ്റായാലാവിനെയും അവൻറെ റസൂലിനെയും നിഷേധിച്ചു അവർ ദുർമാർഗികളായിക്കൊണ്ടാണ് മരിച്ചത്